ം നാൽപ്പത്തി ആറ് യഹോവ്യായകർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അകത്തെ പ്രാകാരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം വേലയുള്ള ആറ് ദിവസവും അടച്ചിരിക്കണം ശവത്തുനാളിലോ അത് തുറന്നിരിക്കണം അമാവാസ്യ ദിവസത്തിലും അത് തുറന്നിരിക്കണം എന്നാൽ പ്രഭു പുറത്തുനിന്ന് ആ ഗോപുരത്തിന്റെ ഭൂമുഖം വഴിയായി കടന്നുചെന്ന് ോപുരത്തിന്റെ മുറിച്ചുവരിനരികെ നിൽക്കണം പുരോഹിതൻ അവന്റെ ഹോമയാകവും സമാധാനയാകവും അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിന്റെ ഉമ്മരപ്പടിക്കൽ നമസ്കരിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം എന്നാൽ ഗോപുരം സന്ധ്യവരെ അടയ്ക്കാതെയിരിക്കണം ദേശത്തെ ജനം ശബത്തുകളിലും അമാവാസികളിലും ഈ ഗോപുരപ്രവേശനത്തിങ്കൽ യഹോവയുടെ സന്നദ്ധിയിൽ നമസ്കരിക്കണം പ്രഭു ശബത്തുനാളിൽ യഹോവയ്ക്ക് ഹോമയാകമായി ഊനമില്ലാത്ത ആറ് കുഞ്ഞാടിനെയും ഒരു മുട്ടാടിനെയും അർപ്പിക്കണം അവൻ മുട്ടാടിന് ഒരേഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ള ഭോജനയാകവും ഒന്നിന് ഒരു ഹീൻ എണ്ണ വീതവും അമാവാസി ദിവസത്തിലോ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആറ് കുഞ്ഞാടിനെയും ഒരു മുട്ടാടിനെയും അർപ്പിക്കണം ഇവയും ഊനമില്ലാത്തവ ആയിരിക്കണം ഭോജനയാകമായി അവൻ കാളയ്ക്ക് ഒരു ഏഫയും മുട്ടാടിന് ഒരു ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫ ഒന്നിന് ഒരു ഹീൻ എണ്ണവീതവും അർപ്പിക്കണം പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടക്കുകയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോകുകയും വേണം എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നദ്ധിയിൽ വരുമ്പോൾ നമസ്കരിപ്പാൻ വരുന്നവൻ പുറത്തേക്ക് പോകുകയും വരുന്നവൻ വഴിയായി പുറത്തേക്ക് പോകുകയും വേണം താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങിപ്പോകാതെ അതിനെതിരെയുള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ അവർ പോകുമ്പോൾ അവനും കൂടെ പോകയും വേണം വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഭോജനയാഗം കാളയ്ക്ക് ഒരു ഏഫയും മുട്ടാടിന് ഒരേഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫയ്ക്ക് ഒരു ഹീനെണ്ണയും വീതം ആയിരിക്കണം എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്കർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നുകൊടുക്കണം അവൻ ശബത്ത് നാളിൽ ചെയ്യുന്നതുപോലെ തന്റെ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം ഒരു വയസ്സു പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിനെ നീ ദിനം പ്രതി ഹോമയാഗമായി അർപ്പിക്കണം രാവിലെ തോറും അതിനെ അർപ്പിക്കണം അതിന്റെ ഭോജനയാകമായി നീ രാവിലെ തോറും എഫ് എയിൽ ആറിലൊന്നും നേരിയമാവ് കുഴക്കേണ്ടതിന് ഹീനിൽ മൂന്നിലൊന്ന് എണ്ണയും അർപ്പിക്കണം അത് ഒരു ശാശ്വത നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാകം ഇങ്ങനെയവർ രാവിലെ തോറും നിരന്തരഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാകത്തെയും എണ്ണയേയും അർപ്പിക്കണം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്ക് ഉള്ളതായിരിക്കണം അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം എന്നാൽ അവൻ തന്റെ ദാസന്മാരിൽ ഒരുത്തന് തന്റെ അവകാശത്തിൽ നിന്ന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ടുവരെ അവനുള്ളതായിരിക്കണം അത് പ്രഭുവിന് തിരികെ അതിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്ന് നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപഹരിക്കരുത് എന്റെ ജനത്തിൽ ഓരോരുത്തനും താൻ തന്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതിരിപ്പാൻ അവൻ സ്വന്തം അവകാശത്തിൽ നിന്ന് തന്നെ തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടു ചെന്നു അവിടെ ഞാൻ പടിഞ്ഞാറയറ്റത്ത് ഒരു സ്ഥലം കണ്ടു അവനെന്നോട് പുരോഹിതന്മാർ അകർത്തിയാകവും പാപയാകവും പാകം ചെയ്യുന്നതും ഭോജനയാകം ചുടുന്നതുമായ സ്ഥലം ഇതാകുന്നു അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവയെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകാതെ തന്നെ എന്ന് പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി പ്രാകാരത്തിന്റെ നാല് മൂലയ്ക്കിലും ചെല്ലുമാറാക്കി പ്രാകാരത്തിന്റെ ഓരോ മൂലയിലും ഓരോ മുറ്റം ഉണ്ടായിരുന്നു പ്രാകാരത്തിന്റെ നാല് മൂലയിലും നാൽപ്പതു മുഴം നീളവും മുപ്പതുമുഴം വീതിയുമുള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങൾ ഉണ്ടായിരുന്നു നാല് മൂലയിലും ഉള്ള അവ നാലിനും ഒരേ അളവായിരുന്നു അവയ്ക്ക് നാലിനും ചുറ്റും ഒരു പന്തി കല്ല് കെട്ടിയിരുന്നു ഈ കൽനിരകളുടെ കീഴെ ചുറ്റും ടുപ്പ് ഉണ്ടാക്കിയിരുന്നു അവനെന്നോട് ഇവ ആലയത്തിന്റെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാകം പാകം ചെയ്യുന്ന വെപ്പുപുരയാകുന്നു എന്ന് അരുളി